അതിയായം മുപ്പത്തിമൂന്ന് സാഹസം അനുഭവിക്കാതെ സാഹസം ചെയ്യുകയും നിന്നോടാരും ദ്രോഹം പ്രവർത്തിക്കാതെ ദ്രോഹം പ്രവർത്തിക്കുകയും ചെയ്യുന്നവനെ നിനക്ക് അയ്യോ കഷ്ടം നീ സാഹസം ചെയ്യുന്നത് നിർത്തുമ്പോൾ നിന്നെയും സാഹസം ചെയ്യും നീ ദ്രോഹം പ്രവർത്തിക്കുന്നത് മതിയാക്കുമ്പോൾ നിന്നോടും ദ്രോഹം പ്രവർത്തിക്കും യഹോവി ഞങ്ങളോട് കൃപയുണ്ടാകണമേ ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു രാവിലെ തോറും നീ അവർക്ക് ഭൂജവും ഞങ്ങൾക്ക് രക്ഷയും ആയിരിക്കണമേ കോലാഹലം ഹേതുവായി വംശങ്ങൾ ഓടിപ്പോയി നീ എഴുന്നേറ്റപ്പോൾ ജാതികൾ ചിതറിപ്പോയി നിങ്ങളുടെ കവർച്ച തുള്ളൻ ശേഖരിക്കുന്നത് പോലെ വെട്ടുക്കിളി ചാടി പോലെ അവർ അതിന്മേൽ ചാടി യഹോവ ഉന്നതനായിരിക്കുന്നു ഉയരത്തിലല്ലോ അവൻ വസിക്കുന്നത് അവൻ സിഒഒനെ ന്യായവും നീതിയും കൊണ്ട് നിറച്ചിരിക്കുന്നു നിന്റെ കാലത്ത് സ്ഥിരതയും രക്ഷാസമൃദ്ധിയും ജ്ഞാനവും പരിജ്ഞാനവും ഉണ്ടാകും യഹോവഭക്തി അവരുടെ നിക്ഷേപമായിരിക്കും ഇത അവരുടെ ശൌര്യവാന്മാർ പുറത്ത് നിലവിളിക്കുന്നു സമാധാനത്തിന്റെ ദൂതന്മാർ അതിദുഖത്തോടെ കരയുന്നു പെരുവഴികൾ ശൂന്യമായി കിടക്കുന്നു ഴിപ്പോക്കർ ഇല്ലാതെയായിരിക്കുന്നു അവൻ ഉടമ്പടി ലംഘിച്ചു പട്ടണങ്ങളെ നിന്നിച്ചു ഒരു മനുഷ്യനെയും അവൻ ആദരിക്കുന്നില്ല ദേശം ദുഃഖിച്ച് ക്ഷയിക്കുന്നു ലബാനോൻ ലജ്ജിച്ച് വാടിപ്പോകുന്നു ഷാരോൻ മരുഭൂമി പോലെ ആയിരിക്കുന്നു ഭാഷാനും കർമ്മേലും ഇലപൊഴിക്കുന്നു ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും ഇപ്പോൾ ഞാൻ എന്നെ തന്നെ ഉയർത്തും ഇപ്പോൾ ഞാൻ ഉന്നതനായിരിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു നിങ്ങൾ വൈക്കോലിനെ ഗർഭം ധരിച്ച് താളടിയെ പ്രസവിക്കും നിങ്ങളുടെ ശ്വാസം തീയായി നിങ്ങളെ ദഹിപ്പിച്ചുകളയും വംശങ്ങൾ കുമ്മായം ചുടുന്നതുപോലെ ആകും വെട്ടിക്കളഞ്ഞ മുള്ളുപോലെ അവരെ തീയിലിട്ട് ചുട്ടുകളയും ദൂരസ്ഥന്മാരെ ഞാൻ ചെയ്തത് കേൾപ്പീൻ സമീപസ്ഥന്മാരെ എന്റെ വീര്യപ്രവർത്തികൾ ഗ്രഹിപ്പീൻ സിയോനിലെ പാപികൾ പേടിക്കുന്നു വഷളന്മാരായവർക്ക് നടുക്കം പിടിച്ചിരിക്കുന്നു നമ്മിലാർ ദഹിപ്പിക്കുന്ന തീയുടെ അടുക്കൽ പാർക്കും നമ്മിലാർ നിത്യദഹനങ്ങളുടെ അടുക്കൽ പാർക്കും നീതിയായി നടന്ന് നേർപ്പറുകയും പീഡനത്താലുള്ള ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞുകളയുകയും രക്തപാതകത്തെക്കുറിച്ച് കേൾക്കാതെ വണ്ണം ചെവി പൊത്തുകയും ദോഷത്തെ കണ്ട് രസിക്കാതവണ്ണം കണ്ണ് അടച്ചുകളുകയും ചെയ്യുന്നവൻ ഇങ്ങനെയുള്ളവൻ ഉയരത്തിൽ വസിക്കും പാറക്കോട്ടകൾ അവന്റെ അഭയസ്ഥാനമായിരിക്കും അവന്റെ അപ്പം അവന് കിട്ടും അവന് വെള്ളം മുട്ടിപ്പോകയുമില്ല നിന്റെ കണ്ണ് രാജാവിനെ അവന്റെ സൌന്ദര്യത്തോടെ ദർശിക്കും വിശാലമായൊരു ദേശം കാണും പണമെണ്ണുന്നവൻ എവിടെ തൂക്കിനോക്കുന്നവൻ എവിടെ കോപുരങ്ങളെ എണ്ണുന്നവൻ എവിടെ എന്നിങ്ങനെ നിന്റെ ഹൃദയം ഭീതിയെക്കുറിച്ച് ധ്യാനിക്കും നീ തിരിച്ചറിയാത്ത പ്രയാസമുള്ള വാക്കും നിനക്ക് ഗ്രഹിച്ചുകൂടാത്ത അന്യഭാഷയുമുള്ള ഉഗ്രജാതിയെ നീ കാണുകയില്ല നമ്മുടെ ഉത്സവങ്ങളുടെ നഗരമായ സിയോനെ നോക്കുക നിന്റെ കണ്ണ് എരിശിലേമിനെ സ്വരനിവാസമായും ഒരിക്കലും നീങ്ങിപ്പോകാത്തതും കുറ്റി ഒരുനാളും ഇളകിപ്പോകാത്തതും കയറൊന്നും പൊട്ടിപ്പോകാത്തതുമായ കൂടാരമായും കാണും അവിടെ മഹിമയുള്ളവനായ യഹോവ നമുക്ക് വീതിയുള്ള നദികൾക്കും തോടുകൾക്കും പകരമായിരിക്കും തണ്ടുവച്ച പടക് അതിൽ നടക്കയില്ല പ്രതാപമുള്ള കപ്പൽ അതിൽ കൂടി കടന്നുപോകയുമില്ല യഹോവ നമ്മുടെ ന്യായാധിപൻ യഹോവ നമ്മുടെ ന്യായദാതാവ് യഹോവ നമ്മുടെ രാജാവ് അവൻ നമ്മെ രക്ഷിക്കും നിന്റെ കയറ് അഴിഞ്ഞുകിടക്കുന്നു അതിനാൽ പാമരത്തെ ചുവട്ടിൽ ഉറപ്പിച്ചുകൂടാ പായ നിവർത്തുകൂടാ പിടിച്ചുപറിച്ച വലിയ കൊള്ള അന്ന് വിഭാഗിക്കപ്പെടും മുടന്തരും കൊള്ളയിടും എനിക്ക് ദീനമെന്ന് യാതൊരു നിവാസിയും പറകയില്ല പാർക്കുന്ന ജനത്തിന്റെ അകൃത്യം മോചിക്കപ്പെട്ടിരിക്കും